ധ്യായം ഏഴ് ഇസാഹാനിന്റെ പുത്രന്മാർ തോല പൂവ യാഷൂ ഷിംറോൻ ഇങ്ങനെ നാലു പേർ തോലയുടെ പുത്രന്മാർ ഉസി രഫായ് എരിയേൽ എഹ്മായി ഇബ്സാം ഷെമുവേൽ എന്നിവർ അവരുടെ പിതാവായ തോലയുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളും ആയിരുന്നു അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് അറുനൂറ് ഉസിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മിക്കായേൽ ഒബദ്ാവ് യോവേൽ ഇഷ്യാവ് ഇങ്ങനെ അഞ്ചു പേർ ഇവരെല്ലാവരും തലവന്മാരായിരുന്നു അവരോടുകൂടെ അവരുടെ വംശാവലി കുടുംബം കുടുംബമായി സൈന്യഗണങ്ങളായി അറുപത്താറായിരം പേർ ഉണ്ടായിരുന്നു അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സഹോദരന്മാരായി ഇസാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ എൺപത്തിയേഴായിരം പേർ ബന്യാമീന്യർ ബേല ബേഖർ യദിയേൽ ഇങ്ങനെ മൂന്ന് പേർ ബേലയുടെ പുത്രന്മാർ എസ്ബോൻ ഉസി ഉസിയേൽ എരിമോത്ത് ീരി ഇങ്ങനെ അഞ്ചു പേർ തങ്ങളുടെ പ്രതിഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ ഇരുപത്തിരായിരത്തി മുപ്പത്തിനാല് പേർ ബേഖരന്റെ പുത്രന്മാർ സെമീര യോവാസ് എലിയസ് എല്യോവേനായ് ഒമ്രി യരേമോത് അബിയാവ് അനാഥോ ആലേമത് ഇവരെല്ലാവരും ബേഖറിന്റെ പുത്രന്മാർ വംശാവലി പ്രകാരം തലമുറ തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ ഇരുപതിനായിരത്തി ഇരുന്നൂറ് പേർ യദിയേലിന്റെ പുത്രന്മാർ ബിൽഹാൻ ബിൽഹാന്റെ പുത്രന്മാർ യവൂസ് ബെന്യാമീൻ യഹൂദ് കെനയന സേഫാൻ തർഷീസ് അഹിഷാഫർ ഇവരെല്ലാവരും യദിയേലിന്റെ പുത്രന്മാർ ഋതിർഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ തക്ക പടച്ചേവകർ പതിനേഴായിരത്തി ഇരുനൂറ് പേർ ഈരിന്റെ പുത്രന്മാർ ഷുപ്പീം കുപ്പീം അഹീറിന്റെ പുത്രന്മാർ ഖൂശീം നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയൽ ഗൂനി യേസർ ഷല്ലും ബിൽഹയുടെ പുത്രന്മാർ മനശയുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടി ീ പ്രസവിച്ച അസ്രിയൽ അവൾ ഗിലയാദിന്റെ പിതാവായ മാഖീറിനെയും പ്രസവിച്ചു എന്നാൽ മാഖീർമിന്റെയും ഭാര്യയായി പരിഗ്രഹിച്ചു അവരുടെ സഹോദരിയുടെ പേർ മയഖ എന്നായിരുന്നു രണ്ടാമന്റെ പേർ ഫെഹാദ് എന്നായിരുന്നുമാർ ഉണ്ടായിരുന്നു മാഖീറിന്റെ ഭാര്യ മയഖ ഒരു മകനെ പ്രസവിച്ചു അവന് പേരസ് എന്ന് പേർ വിളിച്ചു അവന്റെ സഹോദരന് ശേരസ് എന്നു പേർ അവന്റെ പുത്രന്മാർ ഊലാമും രേക്കമും ആയിരുന്നു ഊലാമിന്റെ പുത്രന്മാർ ബദാൻ ഇവർ മനുഷ്യയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലയാദിന്റെ പുത്രന്മാർ ആയിരുന്നു അവന്റെ സഹോദരിയായ ഹമ്മോ ഈസ്ഹോദ് അബിയേസർ മഹ്ള എന്നിവരെ പ്രസവിച്ചു ഷെമീദയുടെ പുത്രന്മാർ അഹിയാൻ ഷെഖേം ലിക്കഹി അനിയാം യഫ്രൈമിന്റെ പുത്രന്മാർ ശുദ്ധേലഹ് അവന്റെ മകൻ ബേരദ് അവന്റെ മകൻ തഹത് അവന്റെ മകൻ ഏലാദ അവന്റെ മകൻ തഹദ് അവന്റെ മകൻ സബാദ് അവന്റെ മകൻ ശുദ്ധേലഹ് യേസർ ഏലാദ ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിപ്പാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു അവരുടെ പിതാവായ എഫ്രയും ഏറിയെന്നാൾ വിലപിച്ചുകൊണ്ടിരുന്നു അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവനവന് ബരിയാവ് എന്ന് പേർ വിളിച്ചു അവന്റെ മകൾ ശേയര അവൾ താഴത്തെയും മേലത്തെയും ൂസേൻ ഷെയരയും പണുതോ അവന്റെ മകൻ രേഫഹും രും അവന്റെ മകൻ തേലഹ് അവന്റെ മകൻ തഹൻ അവന്റെ മകൻ ലതാൻ അവന്റെ മകൻ അമ്മി അവന്റെ മകൻ എലീശാമ അവന്റെ മകൻ നൂൻ അവന്റെ മകൻ യഹോശുവ അവരുടെ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്നാൽ ബേത്തയിലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ശേഖമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മനശേരുടെ ദേശത്തിനരികെ ബെത്ഷെയും അതിന്റെ ഗ്രാമങ്ങളും താനാക്കും അതിന്റെ ഗ്രാമങ്ങളും മെഗിദോവും അതിന്റെ ഗ്രാമങ്ങളും ദോരും അതിന്റെ ഗ്രാമങ്ങളും അവയിൽ ഇസ്രയേലിന്റെ മകനായ യോസഫിന്റെ പുത്രന്മാർ പാർത്തു ആശേരിന്റെ പുത്രന്മാർ ഇംനാശ്വി ഇവരുടെ സഹോദരി സേരാവിന്റെ പുത്രന്മാർ ഹേബർ ബിർസയിത്തിന്റെ അപ്പനായ മൽക്കിയൽ ഹേബർ യഫ്ലത്തിനെയും ഷേമരിനെയും ഹോഥാമിനെയും അവരുടെ സഹോദരിയായ ഷൂവയേയും ജനിപ്പിച്ചു യഫ്ലെത്തിന്റെ പുത്രന്മാർ പാസാഖ് ബിംഹാൽ അശ്വാ ഇവർ യഹ്ലത്തിന്റെ പുത്രന്മാർ ഷേമരിന്റെ പുത്രന്മാർ അഹി രോഹ്ഗ യഹൂബ അരാം അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫഹ് ഇംന ഷേലസ് ആമാൽ സോഫഹിന്റെ പുത്രന്മാർ സുഹ ഹർനേഫർ ഷൂവാൽ ബേരി ഇമ്ര ബേസർ ഹോദ് ശമ്മ ശിൽഷ ഇത്രാൻ ബയേര യേഥരിന്റെ പുത്രന്മാർ യഫൂന്നെ പിസ്പര ഉല്ലയുടെ പുത്രന്മാർ ആരഹ് ഹന്നിയേൽ റിസ്യ ഇവരെല്ലാവരും ആശയന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരിൽ പ്രധാനികളും ആയിരുന്നു വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തന്മാരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ ഇരുപത്തി തന്നെ